നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയവർക്ക് സംഭവിച്ചതുപോലെ ഒന്നു സംഭവിക്കാതെ തന്നെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ കഠിനമായ ദാരിദ്ര്യവും പ്രയാസങ്ങളും അവരെ ബാധിക്കുകയും അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു ഒടുവിൽ പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലെത്തി അറിയുക തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ത്രായാലാവിൻറെ സഹായം സമീപത്തിലാണ്